അതോ അവർ അവരല്ലാത്ത മറ്റു ദൈവങ്ങളെ ഉണ്ടാക്കിയെടുത്തോ പറയുക നിങ്ങളുടെ തെളിവ് കൊണ്ടുവരിക ഇതെന്റെ കൂടെയുള്ളവർക്കുള്ള ഓർമ്മപ്പെടുത്തലും എനിക്ക് മുൻപുള്ളവർക്കുള്ള ഓർമ്മപ്പെടുത്തലുമാണ് എന്നാൽ അവരിൽ ഭൂരിഭാഗവും സത്യത്തെ അറിയുന്നില്ല അതിനാൽ അവർ അതിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുന്നു